ദൈവത്തിന് സ്തുതി ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരികൾക്കും കർത്തനാമത്തിൽ എന്റെ വിനീതമായ നമസ്കാരം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാമധ്യായം മുപ്പത്തിയഞ്ചാം വാക്യവും നാൽപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യവും നമുക്ക് വായിക്കാം അവന്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവന്റെ അപ്പനവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു യോസേഫ് ഇല്ല സിമയോനില്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു ാക്കോവ് ഇരുന്ന് കരയുന്നതായ രണ്ട് രംഗങ്ങളാണ് നാം ഇപ്പോഴത്തെ വായിച്ചത് കരയുന്ന മനുഷ്യനായി നാം യാക്കോവിനെ കാണുകയാണ് അബ്രഹാമിന്റെ മോനായ ഇസഹക്കിന്റെ മോനായ യാക്കോവ് ഈ രണ്ട് ഭാഗത്തും അതിദുഖത്തോടെ കരയുകയാണ് യാക്കോവ് വസ്ത്രം കീറി അരയിൽ രട്ടശീല ചുറ്റി ഏറിയ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്നാണ് മുപ്പത്തിയേഴാമധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് മുപ്പത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വന്നപ്പോഴാണ് അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിലിറങ്ങുമെന്ന് പറഞ്ഞു ദുഃഖത്തോടെ അങ്ങ് പാതാളത്തിലേക്ക് പോകുക അത് മാത്രമാണ് എന്റെ മുമ്പിൽ കാണുന്നത് എനിക്ക് ആശയ്ക്ക് വകയില്ല ആശ്വാസത്തിനിടമില്ല എന്റെ ഭാവി ശൂന്യമായി ദുഃഖഭൂയിഷ്ടമായി കഴിഞ്ഞു എനിക്കിനി കരയാനേ ഉള്ളൂ എന്റെ കരച്ചിൽ തീരുമെന്നുള്ള പ്രതീക്ഷയില്ല മരണം വരെയേ കരയാം ഒടുവിൽ കണ്ണുനീരോടെ ദുഃഖത്തോടെ അങ്ങ് മരണമെന്ന വാതിലിനപ്പുറം പാതാളത്തിലേക്ക് ഇറങ്ങാം ഇതാണ് യാക്കോവ് പറയുന്നത് പിന്നീടൊരവസരത്തിലാണ് യാക്കോ പറയുന്നത് സകലവും എനിക്ക് പ്രതികൂലം തന്നെ എല്ലാം എനിക്ക് പ്രതികൂലമാണ് എനിക്ക് അനുകൂലമായി ഒന്നുമില്ല സഹോദരങ്ങളെ ഇത് നമ്മിൽ പലരുടെയും ഹൃദയത്തിന്റെ ഒരു തേങ്ങലായിരിക്കും എനിക്കെല്ലാം പ്രതികൂലമാണ് എനിക്ക് അനുകൂലമായി ഒന്നുമില്ല എന്റെ കുടുംബത്തിൽ എനിക്ക് അനുകൂലമായി ആരുമില്ല എന്റെ മക്കൾ എനിക്ക് അനുകൂലമല്ല എന്റെ സഹോദരങ്ങൾ എനിക്ക് അനുകൂലമല്ല എന്റെ മാതാപിതാക്കൾ എനിക്ക് അനുകൂലമല്ല എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എനിക്ക് അനുകൂലമല്ല എന്നോട് സഹതാവുമുള്ളവര് എന്നോട് വാത്സല്യമുള്ളവര് എന്നോട് കരുണയുള്ളവരെ എനിക്ക് ആരുമില്ല സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്റെ ജീവിതത്തിന്റെ ആകത്തൊക്കെ ദുഃഖം മാത്രം കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കാമെന്ന് എനിക്കുള്ളൂ വളരെ ആകുലത്തോടെ വളരെ ഭാരത്തോടെ നിലവീർപ്പോടെ യാക്കോവ് പറയുന്ന രണ്ട് സന്ദർഭങ്ങൾ സഹോദരങ്ങളെ ഞാൻ ഈ വാക്കുകൾ വായിക്കുന്നത് ഇന്നലെയും ഇനിഞ്ഞും പറഞ്ഞ വാക്കുകളുടെ തുടർച്ചയായിട്ടാണ് യ്യോപിന്റെ ജീവിതത്തിൽ അടിക്കടി ദുരിതം വന്നു എന്നും യാതന വന്നു എന്നും ദുഃഖം വന്നു എന്നാൽ യ്യോപിന്റെ ജീവിതത്തിൽ അവസാനം അത് നന്മയ്ക്കാക്കി ദൈവം മാറ്റി എല്ലാം നന്മയ്ക്കായിത്തീർന്നു പിന്നീട് ജീവിതത്തിൽ അവസാനം യോവ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടിയെന്ന് മാത്രമല്ല യോവിന് ദൈവം പതിന്മടങ്ങ് അനുഗ്രഹങ്ങൾ കൊടുത്തു ഏറ്റവും വലിയ ദൈവത്തെ മുഖാമുഖമായി കാണാനിടയായി എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന യോവ് കഷ്ടതയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തെ മുഖാമുഖം കാണുന്നവനായി തീർന്നു ദുരിതകാലമെല്ലാം കഴിഞ്ഞപ്പോൾ രോഗവും ആകുലവും മറ്റുള്ളവരുടെ നിന്ദനവും ആക്ഷേപവും പരിഹാസവും തിരസ്കാരവും എല്ലാം കഴിഞ്ഞ് ഈയോവ് ഒടുവിൽ ഞാൻ നിന്നെക്കുറിച്ചൊരു കേട്ടുകേവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് സമ്മതിച്ചിട്ട് ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാതെതിനെ കാണുന്നെന്ന് പറയത്തക്കവണ്ണം ആത്മീയമായ ഒരു വലിയ അനുഭവ സമൃദ്ധിയിലേക്ക് ഈയോവ് കടന്നു വന്നു ദൈവത്തിന് സ്തോത്രം ഇന്നലെ നാം ചിന്തിച്ചു യൌസേപ്പിന്റെ ജീവിതത്തിൽ ഒന്നുമാറിയൊന്നുമാറി ദുരിതങ്ങൾ പ്രശ്നങ്ങൾ ആകുലങ്ങൾ അവലാദികൾ കഷ്ടതകൾ നഷ്ടങ്ങൾ എല്ലാം വന്നു കലാമിറ്റീസ് ആന്റ് ഡിസാസ്റ്റേഴ്സ് ജീവിതത്തിലങ്ങനെ അടിക്കടി വന്നു പെരുകി പക്ഷേ യൌസേപ്പിന്റെ ജീവിതത്തിൽ യൌസേപ്പ് ഏറ്റുമുയർന്ന ഒരു സ്ഥാനത്തെത്തിയെന്ന് മാത്രമല്ല യൌസേപ്പ് അനേകരുടെ വിശപ്പടക്കാൻ പോന്ന് അനേകം ദേശങ്ങളുടെ ക്ഷാമം മാറ്റാൻ പോന്ന് ഏറ്റവും ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ നിർവഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനായി പ്രാചീനകാലത്തെ സംസ്കാരത്തിന്റെ കളിത്തൊട്ടലിലായ ഈജിപ്തിലെ ഭരണാധികാരിയായി വിളങ്ങി എന്ന് അതാണ് നാം ഇന്നലെ ചിന്തിച്ചത് ഭാഗ്യം യൌസേപ്പും ഇയോവും കഷ്ടപ്പാടുകളുടെ ഒടുവിൽ സന്തോഷം കണ്ടെത്തി ഇപ്പോഴിതാ ഏത് മറ്റൊരു കഥാപാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു അത് യാക്കോബാണ് യാക്കോവ് പറയുകയാണ് എന്നെ ആരാശ്വസിപ്പിച്ചാലും എനിക്ക് ആശ്വാസമാവുകയില്ല എന്റെ പൊന്നോമന് മകൻ അവൻ എന്ന നീക്കുമായി എന്നെ വിട്ടുപോയി അവന്റെ വസ്ത്രം മാത്രം കിട്ടി ചോര വരണ്ട വസ്ത്രം ചോരയിൽ മുക്കിയെടുത്തതുപോലത്തെ വസ്ത്രം അവനേതോ കാട്ടുമൃഗം പറിച്ച് കീറി തിന്നുകഴിഞ്ഞു കാണും എന്റെ മോനയ്യോ ഇനി ഞാൻ കാണുകയില്ലല്ലോ പതിനേഴാമത്തെ വയസ്സിലായ കെളിന്ദരീരം ഏതോ കാട്ടുമൃഗം തിന്നല്ലോ അവന്റെ സഹോദരന്മാർ വന്ന് ഞങ്ങൾക്ക് ഇതാണപ്പാ കിട്ടിയത് കാട്ടിൽ അവിടെ എങ്ങാണ്ട് ഇത് കിട്ടിന്റെ മകന്റെ അങ്കിയാണോ എന്ന് നോക്ക് എന്ന് ചേട്ടന്മാര് പറഞ്ഞ വാക്കാണപ്പന് ഈ ദുഃഖം നിറയുന്നതിന് കാരണമായി തീർന്നത് അപ്പൻ അതിവേദനയോടെ ഇരുന്ന് കരയുകയാണ് എല്ലാവരും അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവന് ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ല പതിനേഴാമത്തെ വയസ്സിൽ എന്നെ വിട്ടുപോയല്ലോ എന്റെ മോനെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞെ എന്നെ വിട്ടുപോയിട്ട് അയ്യോ അവന്റെ പതിനേഴാമത്തെ വയസ്സിൽ എന്നെ വിട്ടുപോയിട്ട് ഇനി എനിക്ക് അവനെ ഒരിക്കലും കാണാൻ കിട്ടുകയില്ലേ പാതാളത്തിൽ മരണശേഷം പക്ഷേ കാണാൻ പറ്റുമോ ഞാൻ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങും എന്ന് കരഞ്ഞുകൊണ്ടവു പറയുകയാണ് ഇപ്പോഴിവിടെ ഇതായ അക്കാവ് പറയുന്നു സകലും എനിക്ക് പ്രതികൂലം തന്നെ ആരെങ്കിലും എനിക്ക് അനുകൂലമായിട്ടുണ്ടോ എനിക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമുണ്ടോ ലോകത്ത് ആരുണ്ട് എനിക്ക് അനുകൂലം ലോകത്ത് ഏത് സാഹചര്യമുണ്ടോ എനിക്ക് അനുകൂലം എല്ലാവിനിക്ക് പ്രതികൂലം തന്നെ ദൈവത്തിന് സ്തോത്രം എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ ഈ രാത്രി ഇനിയുള്ള നിമിഷങ്ങളിൽ ഞാൻ കാര്യ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ജീവിതത്തിൽ കഠിനമായ ശോധനകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യൻ നാം അങ്ങനെയാണ് എന്തെന്ത് തെറ്റിദ്ധാരണകളാണ് നമുക്കെതിരായി ഉയരുന്നത് എന്തെല്ലാം ആപത്തുകളാണ് ഓരോ ദിവസവും വന്നുകൂടുന്നത് ഏതെല്ലാം പുതിയ പുതിയ പ്രശ്നങ്ങളെയാണ് ഓരോ ദിവസവും നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തെല്ലാം കഷ്ടപ്പാടുകൾ കൂടിയാണ് നാം ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വൈകുന്നേരമായാൽ നേരം പുലരുന്നവരെയും നടുവീർപ്പും ഉറക്കമില്ലാത്ത രാത്രിയും പകല് നേരം വെളുത്താൽ വൈകുന്നേരം വരെയും ബത്തപ്പാടും ജോലി തിരക്കും അധ്വാനവും കായക്ലേശവും മാത്രം ഇങ്ങനെ വലയുന്ന മനുഷ്യൻ ദുരിതത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ ആകുല ഭാരങ്ങളിൽപ്പെട്ട് അലയുന്ന മനുഷ്യൻ സഹോദരങ്ങളെ നാം എല്ലാം അങ്ങനെയല്ലേ ഓരോ തരത്തിലുള്ളതായ ദുരിതങ്ങളിലും വേദനകളിലും നെടുവെയ്പ്പുകളിലും ഉൾത്തേങ്ങലുകളിലുമായി നാം അഴലുകയും ഉഴലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇതിന്റെയെല്ലാം അപ്പുറത്ത് ഒരു സുന്ദരമായ സ്വപ്രഭാതമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു വിശ്വാസിക്ക് ലഭിക്കുന്നൊരു പദവിയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് അപ്പോസലിനായ പൌലോസ് റോമിലെ ക്രിസ്ത്യാനികൾക്ക് എഴുതി എട്ടാമധ്യായത്തിലാണത് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു കഷ്ടങ്ങൾ ഇവിടെ ഇല്ലെന്നല്ല അപ്പോയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കാണ് എന്ന് വളരെ പ്രയാസമാണത് മനസ്സിലാക്കാൻ അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ ആ യാതനകളും കഷ്ടപ്പാടുകളും കഴിഞ്ഞ് നാം മുന്നോട്ടാ കഴിഞ്ഞിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ എന്ത് നല്ലതായിരുന്നു നമുക്ക് തോന്നും നിങ്ങൾ ഒരുപക്ഷെ വായിക്കുകയോ അതല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ കേൾക്കുകയോ ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് അത് ഞാൻ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരിക്കാം പ്രിയപ്പെട്ടവരെ ഒരു ചെറുപ്പക്കാരൻ അവൻ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു യേശുക്രിസ്തുനായി ജീവിതം സമർപ്പിച്ചു അവൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നുവെന്ന് ഞാൻ വായിക്കുന്നുണ്ട് നോഹ ദൈവത്തോടുകൂടി നടന്നുവെന്ന് വായിക്കുന്നുണ്ട് മോശ ദൈവത്തോടുകൂടി നടന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കർത്താവെ നീ എന്റെ കൂടെ ഒന്ന് നടക്കുമോ എന്റെ ജീവിതം മുഴുവൻ നിനക്കാണ് കർത്താവ് സന്തോഷത്തോട് പറഞ്ഞു അവന്റെ ഒരു ദർശനം കാണുമ്പോഴാണത് കർത്താവ് പറഞ്ഞു മോനെ ഞാൻ നിന്റെ കൂടെ നടക്കാം നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അവനാ ദർശനത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്തു കർത്താവും അവനും കൂടി ചേർന്ന് നടക്കുന്ന ദൃശ്യം വളരെ ഹൃദ്യമായൊരു കാഴ്ചയാണത് കർത്താവ് അവനോട് ചേർന്ന് നടക്കുന്നു അവൻ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു സമുദ്രത്തിന്റെ തീരത്തുകൂടെ മണൽപ്പരപ്പിലൂടെയാണ് നടക്കുന്നത് ദർശനത്തിൽ അങ്ങനെയാണ് കാണുന്നത് അവൻ ഇത് കണ്ടപ്പോഴൊരു സന്തോഷമായി അയ്യോ യേശുവും ഞാനും ചേർന്ന് നടക്കുന്നു എങ്ങനെയാണ് മണൽപ്പരപ്പിലത് കണ്ടത് മണൽപ്പരപ്പിൽ അവന്റെ പാദം രണ്ട് കർത്താവിന്റെ പാദം രണ്ട് നാല് പാദം ഇങ്ങനെ ഒപ്പൊപ്പം പതിഞ്ഞു പതിഞ്ഞു കിടക്കുന്നു നടന്നു നീങ്ങിക്കഴിഞ്ഞു പക്ഷേ പാദം അവിടെ കിടക്കുന്നു പാദത്തിന്റെ മുദ്രയോടെ കിടക്കുന്നു കാൽപ്പാടുകളോടെ കിടക്കുന്നു നാല് പാദം ചേർന്ന് അവന് വലിയ സന്തോഷമായി കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ അവയുടെ പിന്നെ രണ്ട് പാദമേ കാണുന്നുള്ളൂ അയ്യോ കർത്താവ് എന്നെ വിട്ടുപോയല്ലോ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അവരെന്താ കർത്താവ് എന്റെ കൂടെ നടക്കാതെ മാറിപ്പോയത് അവൻ തിരിഞ്ഞു നോക്കി ആ ദർശനത്തിൽ അവൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ദുരിതം വന്ന കാലങ്ങളിൽ രണ്ട് പാദമേ ഉള്ളൂ അവന്റെ ജീവിതത്തിൽ രോഗം വന്ന കാലങ്ങളിൽ രണ്ട് പാദമേ ഉള്ളൂ അവന്റെ ജീവിതത്തിൽ വലിയ ഞെരുക്കങ്ങളും കഷ്ടതകളും യാതനകളും വന്ന കാലങ്ങളിൽ രണ്ട് പാദമേ കാണുന്നുള്ളൂ അവൻ കർത്താവോട് ചോദിക്കുകയാണ് കർത്താവേ അതെന്താണ് എന്റെ കഷ്ടപ്പാടുകളുടെ കാലങ്ങളിൽ നീ എന്നെ വിട്ടുപോയത് ദുരിദൂരോഗവും ആകുലവും സങ്കടവും പെരിയപ്പോൾ നീ എന്നെ വിട്ടുപോയത് എന്താണ് കർത്താവെ ഉടനെ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വിട്ടുപോയി എന്ന് ആരാ നിന്നോട് പറഞ്ഞത് അയ്യോ കർത്താവെ നിനക്ക് കാണരുതോ രണ്ട് പാദമല്ലിയപ്പോൾ ഉള്ളൂ രണ്ട് പാദമല്ലേ ഉള്ളൂ ആ രണ്ടു പാദം ആരുടേതെന്നാ നീ വിചാരിച്ചത് അല്ല ഭർത്താവേ ഞാനല്ലേ മണൽപ്പുരപ്പൂടെ നടന്നു നീ എന്റെ കൂടെ നടക്കാമെന്ന് പറഞ്ഞതല്ലേ എന്റെ പാദമല്ലേ അത് രണ്ട് അല്ല മോനെയും നിനക്ക് മനസ്സിലായില്ലേ അത് എന്റെ പാദമാണ് അപ്പൊ ഞാനോ മോനെയും നിന്റെ പാദം ആ കാലങ്ങളിൽ നിലംതൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ നിന്നെ എടുത്തിരിക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം ദുരിതത്തിന്റെ കാലങ്ങളിൽ ദൈവമൊന്നും വരാൻ അവനെ ഒക്കത്തെടുക്കുകയായിരുന്നു അവനെ നിലംതൊടാൻ സമ്മതിച്ചില്ല ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നമ്മുടെ യാതനകളുടെ കാലങ്ങളിൽ നമ്മളെ നിലംതൊടിയിക്കാതെ എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ദൈവമുണ്ട് ഞാൻ നിന്റെ അമ്മയുടെ ഗർഭം മുതൽ നിന്നെ ചുമന്നു എന്ന് അശീയാപ്രവാചകൻ മുൻകൂട്ടി പറയുകയുണ്ടായി അമ്മയുടെ ഗർഭം മുതലേ ഞാൻ നിന്നെ ചുമന്നു വാർധ്യവരെയും ഞാൻ മാറ്റമില്ലാത്തവനാണ് ഞാൻ നിന്നെ ചുമന്നുകൊള്ളാം നരയും ക്ഷീണവുമുള്ള കാലത്തും ഞാൻ നിന്നെ കൈവിടുകയില്ല ഇന്ന് വേദപുസ്തകം വായിച്ചപ്പോൾ വായിച്ചു കേട്ടില്ലേ എഴുപത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിൽ വാർധക്യവും അരയുമുള്ള കാലത്തും നീ എന്നെ ഉപേക്ഷിക്കരുതേ സഹോദരങ്ങളെ ഏത് കാലത്തും ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ലാതെ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു ആർക്കും കഴിയുകയുമില്ല ബൈബിളിലെ വാക്യങ്ങളാണ് ഞാനീ പറയുന്നത് കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് യോഹൻ ഞാൻ പത്താം അധ്യായത്തിൽ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് എന്റെ ആടുകളെ പിടിച്ചു കുറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്റെ കയ്യിൽ നിന്നവയെ പിടിച്ചു കുറിപ്പാൻ ആർക്കും കഴിയുകയില്ല കർത്താവ് യോഹനൻ ആറിൽ പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും അടുക്കൽ വന്നാൽ തള്ളിക്കളകയില്ല ആരും പിടിച്ചുപറിച്ചുകൊണ്ട് പോവുകയില്ല പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്വയമേവ ഇറങ്ങിപ്പോയാൽ ഞാൻ തടുക്കുകയില്ല ഞാൻ ബലം പിടിച്ച് നിങ്ങളെ നിർത്തുകയില്ല സ്വയമേവ ഇറങ്ങിപ്പോകാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തള്ളിക്കളകുകയില്ല ആരും പിടിച്ചുപറിക്കുകയും ഇല്ല ദൈവത്തിന് സ്തോത്രം എന്റെ സഹോദരങ്ങളെ ആത്മീയ ജീവിതം മധുരോദാരമാണെന്ന് ഞാൻ പറയും ആത്മീയ ജീവിതം സ്നേഹോഷ്മളമാണെന്ന് പറയും ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതം സന്തോഷനിർഭരമാണെന്ന് പറയും ക്രിസ്തുവിനോട് ചേർന്നുള്ള നടപ്പ് അത് അത്യന്തം ശ്രേഷ്ഠമാണെന്ന് പറയും എന്തുകൊണ്ടാണത് നമുക്കൊരു ഉടമസ്ഥനുണ്ട് നമുക്കൊരു കർത്താവുണ്ട് ഭർത്താവെയെ കർത്താവെയും നാം വിളിക്കുന്നില്ലേ എന്താ കർത്താവെന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ യജമാനൻ ലോഡ് യജമാനനാണ് നമുക്കൊരു ഉടമസ്ഥനുണ്ട് നമുക്കൊരു രക്ഷകർത്താവുണ്ട് സ്നേഹിതരെ നമുക്കൊരപ്പനുണ്ട് ഭംഗിവാക്കായിട്ട് കേൾക്കണ്ട അപ്പനില്ലാത്തവർക്ക് അപ്പനായിട്ട് കൂടെയുണ്ട് ഭർത്താവ് ഇല്ലാത്തവർക്ക് അരുമ മണവാളനായി യേശുവുണ്ട് ആരോരുമില്ലാത്തവർക്ക് അവർ അനാഥരായി വിടാതെ ക്രിസ്തു ഉണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ക്രിസ്തു പറയുന്നു താങ്ങും തണലില്ലാത്തവർക്ക് തണലായി ക്രിസ്തുണ്ട് സഹോദരങ്ങളെ ഒരു മിഷണറി ഒരിക്കൽ ചൈനയിൽ നിന്ന് ചൈനയിൽ അദ്ദേഹം ചൈനയുടെ ഏതാണ്ട് മധ്യഭാഗത്തൊരിടത്ത് അദ്ദേഹം ദൈവത്തിന്റെ വേല ചെയ്ത് നടക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവച്ച ആളുകൾ ആക്രമിച്ചു അദ്ദേഹം ഓടി രക്ഷപ്പെടാനായിട്ട് ഓടി മുമ്പ് ഇത് ആ ഒരു വലിയ നദി കിടക്കുന്നു നദി ഒഴുകുന്നു ഒഴുകുന്ന വലിയ നദിയിൽ അതിൽ ചെന്നാൽ ഒരു വഞ്ചിയിൽ രക്ഷപ്പെടാമെന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് കൂട്ടായ്മയിൽ ദൈവമക്കളടുക്കൽ ചെന്ന് ദൈവമക്കളടുക്കൽ ചെന്ന് അവരോട് ഈ കാര്യം വിവരിച്ചു ഞാനിങ്ങനെ നദിയിൽ ചാടി രക്ഷപ്പെട്ടു ഞാൻ നദിയുടെ അടിയിൽ കൂടി മുങ്ങി നീന്തി അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവരിലൊരാൾ ചോദിച്ചു അപ്പോഴേ നിങ്ങൾ അങ്ങനെ നീന്തിയ സമയത്ത് വെള്ളത്തിനടിയിൽ കൂടി നീന്തിയ സമയത്ത് അപ്പോൾ നിങ്ങളെ ഏത് വാക്യമാണ് നിങ്ങളുടെ മനസ്സിൽ ധൈര്യം തന്നത് ഉടനെ പറഞ്ഞു വാക്യമോ അതെന്തിനാണ് കർത്താവ് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ സ്തോത്രം യേശുക്രിസ്തു തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഒരു വേദവാക്യം ഓർക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ലപ്പോൾ വേദവാക്യത്തിന്റെ ഉടമസ്ഥൻ തന്നെ എന്നോട് ഉണ്ടായിരുന്നല്ലോ എന്തിനാ വേദവാക്യം ക്രിസ്തു തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ സഹോദരങ്ങളെ ആപത്ത് വേളകളിൽ ചഞ്ചലപ്പെട്ടു പോകും സന്ദർഭങ്ങളിൽ ആകുലത്തിന്റെ ഭീകരനിമിഷങ്ങളിൽ ഭയാക്രാന്തമായ ആക്രമണങ്ങളുടെ മുന്നിൽ പതറിവുല ഞോടുന്ന നിമിഷങ്ങളിൽ താങ്ങും തണലുമായി ക്രിസ്തു ഉണ്ടായിരിക്കും യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ വിശ്വസിക്കൂ സത്യമായ ഒരു ജീവുള്ള ക്രിസ്തുവിനെയാണ് നാം പിന്തുടരുന്നത് സ്നേഹിതരെ ഒരു കൂട്ടായ്മയുടെ പറയുകയല്ല സഞ്ചരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ദൈവം പറയുകയല്ല സഞ്ചരിക്കുന്നത് നാം പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെയാണ് വിശ്വാസത്തിനായകനും പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ യാത്ര ഈ യാത്ര മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്ര ദ്രുതഗതിയില്ല അതിന്റെ അന്ത്യത്തിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലം തീരാറാകുകയാണ് കാലം അതിന്റെ തികവിലേക്ക് നീങ്ങുകയാണ് കാലം അതിന്റെ അറുതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവായ യേശുവിന്റെ വരവ് സമാഗതമായിരിക്കുകയാണ് എപ്പോഴാണ് യേശു വരുന്നതെന്ന് ആർക്കറിയാം കള്ളൻ രാത്രിയിൽ വരുമ്പോലെ എന്റെ നാൾ വരുന്നുവെന്ന് കർത്താവ് പറഞ്ഞു ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദു നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എന്ന് അപ്പോസൽ നായ പത്രോസ് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു ആരും നശിച്ചുപോകാതെ എല്ലാവരും മാന്ശാന്തപ്പെടുവാനവൻ നിശ്ചിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ എന്ന് പറഞ്ഞു ദുരിതം നിറഞ്ഞതാണ് ആത്മീയ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ് മനുഷ്യജീവിതം ഈ എല്ലാ മനുഷ്യർക്കുമുണ്ട് അവരവരുടേതായ ദുരിതങ്ങൾ ജീവിതത്തിലെ ക്ലേശങ്ങൾ ഈ ക്ലേശങ്ങളിൽപ്പെട്ട് അഴലുകയും ഉഴലുകയും ചെയ്യുന്ന മനുഷ്യൻ ക്രിസ്തുവിൽ അഭയം തേടുവെങ്കിൽ ക്രിസ്തുവിന് യജമാനായും ഉടമസ്ഥനായും അപ്പനായും മണവാളനായും പ്രിയ സ്നേഹിതനായും കണ്ടെത്തുമെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതമാണ് ധന്യമാകുന്നത് അവർക്കാണ് എല്ലാം നന്മയ്ക്കായ ദൈവം കൂടി വ്യാപരിപ്പിച്ചു കൊടുക്കുന്നത് എന്തുവന്നാലും നന്മയ്ക്കായിത്തീരും എന്തെല്ലാം കഷ്ടപ്പാട് വന്നാലും ഒരുപടി കൂടി ദൈവത്തോട് അടുക്കുന്നതിന് മുഖാന്തരമായി തീരും ഒരു പടികൂടി ദൈവത്തെ അടുത്തെറിയുന്നതിന് അത് സഹായകമായി തീരും ദൈവത്തെ മുഖാമുഖം കാണുന്നതിന് അത് അനുഭവമായി മാറും സകലുവിനു പ്രതികൂലം തന്നെയെന്ന് യാക്കോവത് പറഞ്ഞു ആ വാക്യത്തിന്റെ അനുരണനം ആ വാക്യത്തിന്റെ മാറ്റൊലി വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമർലേഖനം എട്ടാമധ്യായത്തിന്റെ അവസാന ഭാഗത്ത് മുഴങ്ങി സകലു എനിക്ക് പ്രതികൂലം തന്നെയെന്ന് യാക്കോവ് കറിഞ്ഞതിന്റെ അതിന്റെ പ്രതിധ്വനി െ കേൾക്കുന്നത് റോമർലേഖനം എട്ടാം അധ്യായത്തിലെ അവസാന കണ്ണുകയിലാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്യവത്തിന് സ്തോത്രം എന്താണ് ആ പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര് ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന് സിംഹാസനത്തിന്റെ വലത്ഭാഗത്തിരിക്കുകയും നമുക്കുവേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നതാര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു അടുപ്പാനുള്ള ആടുകളെപ്പോൾ ഞങ്ങൾ എണ്ണു എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതോരു സൃഷ്ടിക്കോ നമ്മുടെ ഭർത്താവായേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേറെ വിപ്പാൻ കഴിയയില്ല ഞാൻ ഉറച്ചിരിക്കുന്നു സ്തോത്രം അപ്പോ അസലിന്റെ എന്തെല്ലാം സംഭവിച്ചാലും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറുകയില്ല ഞാൻ വിട്ടുപോവുകയില്ല എന്തെല്ലാം സംഭവിച്ചാലും ശരി മരണം വന്നാലും ജീവനായണെങ്കിലും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റി യാതോരു സൃഷ്ടിക്കോ നമ്മുടെ ഭർത്താവായ സിത്രിയിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഒരു അനുഗ്രഹിക്കുന്ന കുടുംബം ഉണ്ടായിരുന്നു നല്ല ഭക്തിയുടെ ഒരു കുടുംബം ആ കുടുംബത്തിന്റെ കുടുംബ സ്റ്റാഫോർഡ് ഫാമിലി എന്നാണ് സ്റ്റാഫോർഡ് കുടുംബം ഷിക്കാഗോയിലാണ് ആ കുടുംബം അമേരിക്കയിലെ ഷിക്കാഗോയില് ഈ സ്റ്റാഫോർഡ് ഫാമിലി വളരെ വളരെ കുലീനത്വമുള്ള അഭിജാതിയുള്ളൊരു തറവാടായിരുന്നു അവരെ ദൈവമക്കളായിരുന്നു അവർ രക്ഷി അനുഭവിക്കുന്ന ദൈവമക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഷിക്കാഗോയിലെ ചരിത്രത്തിൽ വളരെ കുപ്രസിദ്ധമായ ഒരു വലിയ തീപിടുത്തമുണ്ടായി വലിയ അഗ്നിബാധ വൻ തോട്ടങ്ങൾ കത്തി നശിച്ചു വൻ കെട്ടിടങ്ങൾ കത്തി നശിച്ചു വലിയ വ്യവസായശാലകൾ കത്തി നശിച്ചു വലിയ നഷ്ടമാണുണ്ടായത് ഈ ഷിക്കാഗോയിലെ തീപിടുത്തത്തിൽ സ്റ്റാഫോർഡ് കുടുംബത്തിന് വളരെയേറെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു കുറച്ചെങ്ങുമല്ല കുറെ ഏറെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു സ്റ്റാഫോർഡ് കുടുംബത്തിൽ അതിൽ ഒരു ഹെൻറി സ്റ്റാഫോർഡെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഈ ഹെൻറി സ്റ്റാഫോർഡ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് പെൺമക്കളും അവര് എന്താണിങ്ങനെ വന്നത് എന്നറിയാതെ തേങ്ങി തേങ്ങി കരഞ്ഞു വലിയ കോടീശ്വരന്മാരായിരുന്നു കോടിക്കണക്കിന് ഡോളറിന്റെ ഉടമകളായിരുന്നു എന്നാലെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പിന്നെയുമുണ്ട് കുറച്ചെല്ലാം അതെല്ലാം നോക്കി കുറെക്കാലം കഴിയാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്ന് അവിടുന്ന് മാറി താമസിക്കുന്ന നല്ലതാണെന്ന് അവർക്ക് തോന്നി തൽക്കാലത്തേക്ക് ഒരു വെക്കേഷൻ പോലെ കുറെക്കാലത്തേക്ക് അറ്റ്ലാന്റിക്കിന് ഇപ്പുറം മഹാസമുദ്രത്തിന് ഇപ്പുറം ഫ്രാൻസിൽ വന്ന് കുറെക്കാലം താമസിക്കാമെന്ന് വിചാരിച്ചു വില എന്ന് പറയുന്ന കപ്പലർ കയറി കപ്പൽ വിടാറായപ്പോഴേക്കും ഈ സ്റ്റാഫോർഡിന് ഗ്രഹനായകനായ സ്റ്റാഫോർഡിന് ഹെൻറി സ്റ്റാഫോർഡിന് ഒരറിയിപ്പ് കിട്ടി ഇൻഷുറൻസ് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ അദ്ദേഹം ഉടനെ ഓഫീസിലെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാര്യയും മക്കളും പോകട്ടെ ഞാൻ പിന്നാലെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു അദ്ദേഹം കപ്പലിൽ നിറങ്ങി ഭാര്യയും മക്കളും ഈ വില ഈ കപ്പലിൽ കയറി അറ്റ അനുസൗന്ദര്യത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു നടന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് അറ്റ്ലാന്റിക്കിന്റെ നടുക്കായപ്പോൾ നടുക്കെത്തിയപ്പോൾ പെട്ടെന്നാണ് ഒരു വലിയ കപ്പൽ ഛേദമുണ്ടായത് വലിയൊരു അപകടമുണ്ടായി കപ്പൽ വെള്ളത്തിൽ താണു അതിലുള്ള അനേകം യാത്രക്കാരോടൊപ്പം ആ കപ്പൽ ആഴി അടുത്തടുത്തിലേക്ക് താണുതാണ് പോയി ഹൃദയം തകരുന്ന ഒരനുഭവമായി പോയി സ്വത്തോ നശിച്ചു ഭാര്യയും മക്കളും നശിച്ചു ഇനി ഞാൻ ഒറ്റയ്ക്ക് അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞു ഇതറിഞ്ഞതിനു ശേഷം അദ്ദേഹം വീണ്ടും അടുത്ത കപ്പലിൽ അദ്ദേഹം വീണ്ടും പോന്നു അങ്ങോട്ട് അവർ മരിച്ച സ്ഥലത്ത് കാണാനോ അതിനകത്ത് ചെല്ലുമ്പോൾ അവിടെ അവരെ ശവശരീരം കാണാനോ സാധ്യമല്ലെന്നറിയാം എങ്കിലും ഭാര്യയും മക്കളും ജീവനോടെ മുങ്ങിപ്പോയ ആ സ്ഥലത്ത് അതിലൂടെ സഞ്ചരിച്ച് ആ ഭാഗമൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു ഈ ഹെൻറി സ്റ്റാഫോർ അദ്ദേഹം അതിലൂടെ നടന്നു ചെന്ന് കടന്നു ചെന്ന് ആ ഭാഗം കടന്നു പോകുമ്പോൾ കപ്പലിൽ അവിടെ നിർത്തി അദ്ദേഹം അല്ല നിർത്തി കപ്പിത്താൻ നിർത്തി ഇവിടെയാണ് വിലഹാവറയെ മുങ്ങിയത് എന്ന് പറഞ്ഞു അദ്ദേഹം മുകളിൽ കപ്പലിന്റെ മുകൾ ചെന്ന് അതിന്റെ കൈപ്പിടിയിൽ പിടിച്ചുകൊണ്ട് താഴോട്ട് നോക്കി കപ്പൽ നിൽക്കുകയാണ് ഇവിടെയാണല്ലോ എന്റെ കുടുംബം മുങ്ങിപ്പോയത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയും എന്റെ പ്രിയപ്പെട്ട ഓമനക്കുഞ്ഞുങ്ങളും മുങ്ങിപ്പോയി ഇവിടമാണല്ലോ അദ്ദേഹം ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം വിതിമ്പി വിതിമ്പി കരഞ്ഞുകൊണ്ട് അദ്ദേഹം പയ്യെ പയ്യെ പാടാൻ തുടങ്ങി എല്ലാം നന്മയ്ക്കായി എന്ന പാട്ട് സഹോദരങ്ങളെ എല്ലാം നന്മയ്ക്കായി നോക്കാ പാട്ടെന്ന് പാടി കേൾക്കാം എല്ലാം നന്മയ്ക്കായി എല്ലാം നന്മക്കായി ോത്രം എല്ലാ നന്മയ്ക്കായി സ്വർഗദാദനം ചെയ്തിടുന്നുവെന്ന് പാടാൻ സാധിക്കുന്നത്ര നിസ്സാര കാര്യമല്ല വാക്കുകളുണ്ട് പക്ഷേ പാടാൻ പറ്റും നമുക്കും അതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്ററിയുന്നത് അപ്പോഴാണ് നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്നത് യാക്കോവ് തളർന്നുപോയി യാക്കോവ് തകർന്നുപോയി സഹോദരങ്ങളെ എന്നാൽ ഈ യാക്കോവ് എല്ലാം എനിക്ക് പ്രതിപൂർവം എന്ന് പറഞ്ഞ ഈ യാക്കോവ് പിന്നീട് എന്താണ് പറഞ്ഞതെന്നറിയാമോ യാക്കോവ് ഫറോ രാജാവിനെ അനുഗ്രഹിച്ചു ഫറോ രാജാവ് ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു രാജാവ് ചോദിക്കുകയാണ് എത്ര വയസ്സായി സാധാരണ ഒരു ലോഹ്യം ചോദിക്കുന്നത് പോലെ അപ്പോൾ പറയുന്നൊരു മറുപടിയുണ്ട് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത്തേഴ് എന്നാൽ അതിന്റെ കാലം തുലവും ദുഃഖവും പ്രയാസവും അത്രേ പരദേശപ്രയാണകാലം അത് ഇത്രയും കാലം ഞാൻ ജീവിച്ചു അത് വളരെ പ്രയാസമുള്ള കാലമായിരുന്നു എന്ന് യാക്കോവ് ഫറോവിനെ അനുഗ്രഹിച്ചു അതുകൊണ്ട് മാത്രം തീർന്നില്ല നാൽപ്പത്തി എട്ടാം വരുമ്പോൾ യാക്കോവ് യാക്കോവ് യൌസേബിനെ അനുഗ്രഹിച്ചു യൌസേപ്പിന്റെ മക്കളെ അനുഗ്രഹിച്ചു ഈ അപ്പൻ ദുഃഖവും ദുരിതവും മാത്രമായി എന്റെ മകൻ എന്നെ വിട്ടുപോയല്ലോ ഇനി ഞാൻ പാതാളത്തിൽ ചെന്നല്ലേ അവനെ കാണൂ എന്ന് പറഞ്ഞ അപ്പൻ ആ മോനെയും മോന്റെ മക്കളെയും കണ്ടുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനായി മാറി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോവ് യാക്കോവ് അവരെ അനുഗ്രഹിക്കുന്നതിനായി മാറി നഷ്ടപ്പെട്ടു പോയി എന്നായി പോയി പോയി എന്ന് മകൻ ജീവനോടി രിക്കുന്നുവെന്ന് അറിയുകയും യാവസേബിനെ അനുഗ്രഹിക്കുകയും ചെയ്തു നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ ആ ഭാഗം നാം അങ്ങനെയാണ് വായിക്കുന്നത് യാക്കോവ്ബിനെ അനുഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത് നാൽപ്പത്തിയെട്ടാം പതിനൊന്നാം വാക്യം മുതൽ നോക്ക് വായിക്കാം ഇസ്രായേൽ ജോസഫിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ ദൈവമെനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് എന്റെ ഞാൻ വിചാരിച്ചതല്ല എന്നാൽ നിന്റെ സന്തതിയെയും കാണുമാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ അതിനുശേഷം വീണ്ടും പതിനഞ്ചാം വാക്യത്തിൽ നോക്ക് വായിക്കാം പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹം അനുഗ്രഹിച്ചു എന്റെ യൗസേഫിനെ അനുഗ്രഹിച്ചു മാത്രമല്ല യൗസേഫിന്റെ മക്കളായ എഫ്രീമിനെയും അനുശയ്യയും അനുഗ്രഹിച്ചു അതിനുശേഷം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോവ് അവിടെ തന്റെ മക്കളെ എല്ലാവരെയും വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രവചിച്ച് അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് അവർക്ക് അനുഗ്രഹത്തിന്റെ വചനം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നും എനിക്ക് ഞാനെല്ലാം പ്രതികൂലമെന്ന് പറഞ്ഞ് എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് കരുതി കൊണ്ടിരുന്ന യാക്കോവ് ഇപ്പോഴിത് തന്റെ മക്കളെയെല്ലാം മാറി മാറി അനുഗ്രഹിക്കുന്നു മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കുന്നു പതിനഞ്ചാം വാക്ക് വീണ്ടും വായിക്കാൻ പിന്നെയവൻ യൗസേബിനെ അനുഗ്രഹിച്ചു പിന്നെ പറയുന്ന വാക്കുകളുണ്ടല്ലോ അത് കോള ഏർക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റൂ എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ശമിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് അന്നത്തായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോവ് ഇന്ന് അനുഗ്രഹം വാരി അനുഗ്രഹം സമൃദ്ധിയായി കൊടുക്കുകയാണ് നിങ്ങളിന്ന് ഞാൻ ശവിക്കപ്പെട്ടവനല്ലേ ഞാൻ കൊള്ളുതാത്തവനല്ലേ ആർക്കും വേണ്ടാത്തവളല്ലേ എന്റെ ഭർത്താവിന് പോലും പ്രിയമില്ലാത്തവളല്ലേ എനിക്ക് സൌന്ദര്യമില്ലാത്തവളല്ലേ എനിക്ക് കഴിവില്ലാത്തവനല്ലേ എനിക്ക് ബുദ്ധി ഇല്ലാത്തവനല്ലേ നിങ്ങൾ പലരും ദുഃഖത്തോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനേകരെ അനുഗ്രഹിക്കുന്നവരായി മാറും തലമുറകളെ അനുഗ്രഹിക്കുന്നതായി മാറും ദേശങ്ങളെ അനുഗ്രഹിക്കുന്നതായി മാറും നിങ്ങൾ മൂലം ദേശങ്ങളെ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മൂലം നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മൂലം നിങ്ങളുടെ മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മൂലം തലമുറകൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മൂലം ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ മൂലം അനേകം അനേകം ജനത അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന് സ്തോത്രം ഇന്ന് നിങ്ങൾ വിലയില്ലാത്തവരാണ് ഇന്ന് നിങ്ങൾ ാത്തവരാണ് ഇന്ന് നിങ്ങൾ ക്ഷീണിതരാണ് ഇന്ന് നിങ്ങൾ ബലഹീനരാണ് എന്നാൽ നിങ്ങൾ ബലം ധരിപ്പിക്കുന്ന ക്രിസ്തു അവൻ രക്തം പുരണ്ട കരം നീട്ടിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലൂടെ യാതങ്ങനെ പോലെ നടക്കുകയാണ് ഞാനിതാ വാതുക്കൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് എന്റെ യേശു ഇപ്പോൾ പറയുന്നു ഞാനിതാ വാതുക്കൽ നിന്ന് മുട്ടുന്നു ക്രിസ്തു വാതുക്കൽ നിന്ന് മുട്ടുന്ന ഈ സമയം ദൈവജനമേ നിങ്ങളുടെ ഹൃദയം തുറക്കുകീൻ അവനോട് നിങ്ങൾ തുറന്നു പറയുകയും ക്ഷക എന്റെ കാര്യം വയ്ക്കണമേ തിരി രക്തം പൂരന്റെ കാര്യം വെക്കണമേ ആ തങ്കച്ചോരയാളിന്റെ പാവക്കറകൾ കഴുകണമേ എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഞാൻ നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അനുഗ്രഹ സമൃദ്ധി തരികയും അനേകരെ അനുഗ്രഹിക്കുമാറാക്കുകയും ചെയ്യണമേ അനുഗ്രഹം വാരി എന്നെ മാറ്റണമേ എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം സമൃദ്ധമായി പ്രവേശിക്കണമേ എന്നെ നീ അനുഗ്രഹത്തിന്റെ വക്താവാക്കി മാറ്റണമേ എന്നെ നീ അനുഗ്രഹത്തിന്റെ പ്രഖ്യാതാവാക്കി മാറ്റണമേ പ്രവാചകനാക്കി മാറ്റണമേ എന്റെ നാഥ അനുഗ്രഹം എന്റെ തലമേൽ വരണമേ യേശുവേ അനുഗ്രഹത്താൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്റെ കഴിഞ്ഞകാൽ ദോഷങ്ങൾ മാറ്റണമേ എന്ന് നീ കഴുകണമേ ദൈവജനമേ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പീൻ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ ഭർത്താവേ കരുണ ചെയ്യണമേ നാഥാതിന്റെ തിരു രക്തമന്റെ മേൽ എന്റെ നെറ്റിമേൽ പതിപ്പിക്കണമേ തിരക്തത്താൽ എന്റെ പാവക്കരക കഴുകണമേ പൊതുജീവിതം തരണമേ ശാപങ്ങൾ മാറ്റണമേ ബന്ധനങ്ങൾ അഴിക്കണമേ അനുഗ്രഹം പകരണമേ അനുഗ്രഹമിന്റെ തലമേൽ ഇറങ്ങണമേ ഹാലുയ്യ ഹാലുയ്യ ഹാലുയ്യ കരങ്ങളെ താഴ്ത്തി കരുണയുള്ള കർത്താവേ ഈ സ്നേഹമാർ നിമിഷത്തിനായി സ്ത്രോത്രം സ്നേഹം നിറഞ്ഞ സന്ദേശത്തിനായി സ്ത്രോത്രം കരുണയൂർന്ന വാക്കുകൾക്കായി സ്തോത്രം വാത്സല്യം കരകവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിന്റെ ദൂതുകൾക്കായി സ്ത്രോത്രം എല്ലാവരെയും തലോടണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ നിന്റെ മക്കളെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ നാളെ ശുശ്രൂഷിക്കാൻ ഇരട്ടി ബലത്തോടെ തിരികെ കൊണ്ടുവരണമേ തിരുനാമം മഹുതപ്പെടുത്തണമേ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആ മീൻ